ആത്മജ്ഞാനത്തിനാവട്ടെ ഈ വിഷയജ്ഞാനത്തിൽ നിന്നും ശ്രദ്ധ നമ്മളുടെ സ്വരൂപത്തിലേക്ക് വരണം ആത്മജ്ഞാനം എന്ന് പറയുന്നത് പുതിയതായിട്ട് ഉണ്ടാവണ ഒരു അറിവല്ല അതിനാണ് ആദ്യത്തെ ശ്ലോകമായി ഈ ശ്ലോകം തന്നെ തിരഞ്ഞെടുത്തത് ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല നമ്മൾ അറിയാത്തൊരു വിഷയത്തിനെ അല്ല അന്വേഷിക്കുന്നത് അതാണ് ഈ ജ്ഞാനത്തിന്റെ സൗലഭ്യവും വിഷമവും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 അതുകൊണ്ടാണ് നമുക്കിത് വിഷമം വിഷമം എന്ന് തോന്നണത് ഇത് വാസ്തവത്തിൽ വിഷമവുമല്ല സുലഭവുമല്ല ആർക്കാണോ കൃപയിൽ ശ്രദ്ധയുള്ളത് അവർക്ക് സുലഭമാണ് ആർക്കാണോ അവരുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഇച്ഛാശക്തിയുടെയും ബലത്തിനെ ആശ്രയിച്ചു അവർക്ക് വിഷമാണ് മഹാപുരുഷന്മാരുടെ ജീവിതമൊക്കെ വന്ന് നോക്കിയാൽ കാണാം അവരൊക്കെ ഭക്തിയുടെ പടിയിലൂടെ നടന്നു മേലെ വന്നവരാണ് നാരായണ ഗുരുദേവന്റെ ജീവിതം നോക്കിയാൽ കാണാം ഭക്തിയുടെ പടിയിലൂടെ നടന്നു വന്ന ആള് ആരോട് ഭക്തി ചെയ്യണമെന്ന് അവസാനം ചോദിച്ചാൽ വേറെ പുറത്ത് ഭക്തി ചെയ്യാൻ ഒരാളുമില്ല തൻ്റെ തന്നെ അന്തര്യാമിയോട് തന്നെയാണ് കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒക്കെ പക്ഷേ ഈ അഭിമാനം ഉരുകണം എന്നുവച്ചാൽ അത് എന്നെ കൊണ്ടാവില്ല എന്ന് അടങ്ങി അടങ്ങുന്നത് തൻ്റെ സോഴ്സിൽ തന്നെയാണ് അടങ്ങണത് തൻ്റെ തന്നെ മൂലസ്ഥാനത്തിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ ശക്തിയെ വിളിക്കുകയാണ് आह्वानं इन शास्त्रवशम ई शास्त्रवश अवश्य भक्ति चेता मक्ति आक्ति आुदेवन आद्यवान आक्ति की प्राख्यम अद अति प्रौढ़ जननी नवरत्न मंजरीप आ भक्ति रसत् चाली कुको ते अति गौरव में आ विषय तेवरीप जननी विधुर्य अम्मा विधुर्य परो गंभी वेदांत सिद्धांत योगशास्त्र चेटा ഒന്നായ മാമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്നാശു തൻമതി മറന്ന് അന്നാദിയിൽ പ്രിയം ഉയർന്ന് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നിട്ടുള്ളവരാണെങ്കിൽ കുറെ കഴിയുമ്പോ കേൾക്കാൻ പറ്റില്ല പുറമേക്കുള്ള പ്രിയം പുറമേ വസ്തുക്കളോടുള്ള പ്രിയം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 ഇൻപ് തോണുമേ അയ്യേ അതിസുലഭം ആത്മവിത്തെ അതിൽ പറഞ്ഞു അരുൾവിലാസമേ അഹവിനാശമേ ഇൻബ വികാസമേ മൂന്ന് വാക്കാണതിൽ അരുൾവിലാസം അഹ വിനാശം അരുൾവിലാസം എപ്പോഴാണ് ആ മനസ്സല്ലാത്ത ഒരു ശക്തിയാണ് ഈ അരുൾ എന്ന് പറയുന്നത് നമുക്കത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളു അതാണ് ഗുരുദേവൻ പറഞ്ഞ അനുഭവിയാതെ അറിവില്ല ആ അനുഭവം വരുമ്പോ നമ്മൾ ഈ അരുൾ ശക്തി കൃപാശക്തിയെ നമ്മൾക്ക് ഉള്ളിൽ നമ്മൾ കാണും അതായത് നദി സമുദ്രത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ സമുദ്രം നദിയിലേക്ക് കലക്കുന്ന പോലെ ഒരു പ്രക്രിയ എന്ന് വെച്ചോളാം മാ അടയാർ ബ്രിഡ്ജില് ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന ആളുകളൊക്കെ കൂട്ടം നിന്ന് ചുവട്ടിലേക്ക് നോക്കുകയായിരുന്നു എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ കഥ ഞങ്ങളൊക്കെ ആശ്ചര്യപ്പെട്ടു എന്താ നടക്കണേ എന്താന്ന് വെച്ചാൽ അടയാർ നദിയിലൂടെ കടൽ അങ്ങോട്ടേക്ക് ഒഴുകുകാടും അവർക്ക് ആർക്കും അറിഞ്ഞില്ല അവിടെ ആ നദി ചേരുന്ന സ്ഥലമായതുകൊണ്ട് എന്താ നടക്കണമെന്ന് മനസ്സിലായില്ല സുനാമി നടന്ന സമയമാണ് സുനാമി നടന്നത് അവിടെ ബാധിച്ചില്ല കാരണം അവിടെ നദി ഉള്ളത് കൊണ്ട് കരക്കി കയറണതിനു പകരം അങ്ങോട്ട് കയറി നദി ഇങ്ങോട്ട് ഒഴുകണ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് ഒഴുകി ഇതുപോലെ മനസ്സിനെ വിഴുങ്ങിക്കളയുന്നതായ മനസ്സിന്റെ തന്നെ ഒരു റീഫൈൻഡ് ഫോം അങ്ങനെയും പറയാം അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കറപ്റ്റഡ് ഫോമാണ് മനസ്സെന്ന് പറയാം മനസ്സ് തന്നെ സൂക്ഷ്മമാവുന്ന മണ്ഡലത്തിൽ ഏർപ്പെടുന്ന അരുൾ വികാസം അഹ വിനാശം ഇൻബ വികാസം ആനന്ദത്തിന്റെ പ്രകാശം ആയിരം ആതിഥേയർ ഒന്നിച്ചു ഒരു പതിനായിരം ആതിഥേയർ ഒന്നിച്ചു പോലെ എന്ന് പറഞ്ഞു ഒരു പതിനായിരം സൂര്യൻ ഉദിക്കുന്ന പോലെ അകമേ ആ പ്രകാശത്തിന് അനുഭവിക്കുമ്പോൾ നമ്മളുടെ ത്രിപുടി മുടിഞ്ഞ് നമ്മളുടെ അഭിമാനമടങ്ങി മനസ്സടങ്ങി നമുക്ക് സമത്വം ശാന്തി സമാധി ജ്ഞാനസമാധി ഉണ്ടായി നിർവികൽപ്പ ബോധമുണ്ടായി നമ്മൾ സ്വതന്ത്രരാകും സ്വതന്ത്രരാകുമെന്ന് വച്ചാൽ അഭിമാനിക്കാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിദ്യ മറ്റു വിദ്യ പോലെയല്ല ഒരു ഡിഗ്രി എടുത്താൽ ഞാൻ ഡോക്ടറാണെന്ന് പറയാം എഞ്ചിനീയർ ആണെന്ന് പറയാം സയൻറ്റിസ്റ്റാണെന്ന് പറയാം അതുപോലെ ഞാൻ ജ്ഞാനിയാണ് ജീവൻ മുക്തനാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം എപ്പോൾ തത്വജ്ഞാനുണ്ടായോ അപ്പം അയാൾക്ക് എല്ലാവരും മുക്തരാണ് എല്ലാവരും അത് ഗുരുദേവൻ പറഞ്ഞത് അറിഞ്ഞു കഴിയുമ്പോ എന്താ വിശേഷം എന്ന് വെച്ചാൽ താൻ മാത്രമല്ല തൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ അതുതന്നെ ആയിട്ട് തീരും പിന്നെ താൻ മാത്രം ഞാൻ എന്ന് അവകാശപ്പെടാൻ ഒരാൾ അവിടെ ഉണ്ടാവില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഇര മുതലായവ എന്നും ഇപ്രകാരം വരും ഇനിയും വരവറ്റുനിൽപദേഗം അറിവതു നാം അതുതന്നെ മറ്റും എല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു കാണുന്നവരൊക്കെ തന്നെ അതിൻ്റെ വടിവായിട്ട്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 तुम तुम तुम कुमार उतवा, कुमारी, दंडेन ंडेन वंजसी विश्व मुख्यतक्षुत विश्व मुखो विश्व विश्वस्पा श्वेता उपनिषि भगवाने अी आईटिव अषन अरुण कुमारी आई वृद्धन आड़पिड़ അപ്പൊ ഞാൻ സ്ത്രീയാണോ പുരുഷനാണെന്നും എനിക്കൊന്നും അറിയില്ലെന്നും ഇതൊക്കെ നിങ്ങൾ എന്തൊക്കെ തന്നെ നടിച്ചാലും എനിക്ക് വേണ്ട വിധത്തിലുള്ള കാണാം നിങ്ങൾ നാടകം നടിക്കണം അഹോ നാടകം നിഖിലവും മീനായത്തും ഭവതിമാനായത്തും ജനനി നഗ ഖം ധരനദീ ആരിയും സകലത്തും ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എൻ്റെ തന്നെ സ്വരൂപമാണ് അഹോ നാടകം നിഖിലവും ഇവിടെ ആർക്കെന്ത് ഉപദേശിക്കും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 ഈ ആളുകളെ അജ്ഞാനികളാണെന്നും അവർക്ക് മനസ്സിലാവില്ലെന്നും കരുതി സത്യത്തിനെ പറയാതെ കള്ളത്തിനെ കള്ളമായിട്ടുള്ളതിനെയൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടുവരണം പറയണ ഈ സമ്പ്രദായത്തിനോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ല കാരണം ഇവിടെ ആരും ഉയർന്നവരും ഒരാളും താഴ്ന്നവരും എല്ലാവരും സത്യസ്വരൂപികളാണ് വിളിച്ച സുപ്രഭാതം പാടേണ്ടത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള അന്തർയാമയ്ക്കാണ് जय जया भागवत जय जया जिज अजिदोषी कृपय उणर्त श्रुतिगीत भागवत नाधन चय पकरम रामकृष्ण विवेकानंद कंपण आद्यमें नी साक्षात् नारायणन परमेश्वर आनुए ना पुष्प वाईल शिशसल अर्पीय दीपाराधन का नमस्क വിവേകാനന്ദ സ്വാമി അന്ന് വിചാരിച്ചു ഇദ്ദേഹം പൂജിക്കുകയാണ് അദ്ദേഹത്തിന് ഭ്രാന്താണ് ഞാൻ നരേന്ദ്രനാഥ് ദത്ത അല്ലേ എന്ന് പറഞ്ഞു രാമകൃഷ്ണദേവൻ ഈ നരേന്ദ്രനാഥ് ദത്തയല്ല പൂജിച്ചത് ആ കുട്ടിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിത് ശക്തിയെ ഉണർത്തി വിട്ടതാണ് എഴുന്നേൽക്കൂ എഴുന്നേക്കു അമ്മ ജാഗോ ജാഗോ മാ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത് ജാഗോ ജാഗോ മാ അമ്മ എഴുന്നേക്കു അമ്മ എഴുന്നേക്കൂ തട്ടി ഉണർത്തുക അതുപോലെ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 നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണത നേടിയെടുക്കേണ്ടതല്ല സിദ്ധമായിട്ടുള്ളതാണ് നേടിയെടുക്കേണ്ടതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും നേടിയെടുക്കാനുള്ളതല്ല സിദ്ധമാണ് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുള്ളതാണ് അജ്ഞാനം കൊണ്ട് ഒരു മറവാൽ അറിവിയില്ല ഒരു മറ ഒരു ആവരണം ഉള്ളത് കൊണ്ട് സത്ത നമ്മളുടെ സ്ഥിതി നമുക്ക് അറിയണില്ല ആ ആവരണം അങ്ങോട്ട് നീങ്ങിയാൽ കാണാം അത് വസ്തുസ്ഥിതി പ്രകാശിക്കണത് ഇതിനെയാണോ നമ്മൾ ഇത്രകാലം കാണാത്തതെന്ന് തോന്നും ഇത്രയും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 नामा कृपागति कण आवर्तुम कद को इत्र याद मम आत्मासी तथो न वाच्यम ममकिदस्ति यवेष्टम कुम तथ आत्मनाथम रमणम भज